നാലാമത്തെ ഘട്ടത്തിൽ ഇപ്പൊ നമ്മള് മൂന്ന് ഘട്ടം പറഞ്ഞു നാലാമത്തെ ഘട്ടത്തിൽ എല്ലാ അപക്ഷയിച്ച കോശങ്ങളും മൃത്യു ഒരു കോശം അതിൻ്റെ ഡിവിഷൻ പൂർത്തിയാക്കി അതിൻ്റെ അപക്ഷയത്തിലെത്തി മൃത്യുവിനെ ഭരിക്കുക എന്ന നിലയിലേക്ക് നീങ്ങുമ്പോൾ അപക്ഷയിച്ച എല്ലാ കോശങ്ങളും നാലാം ഘട്ടത്തിൽ മൃത്യു ഇവിടെയാണ് എലികളിൽ ഓക്കോണർ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ബോധ്യമാകുന്നു കോശങ്ങളുടെ ഘടനാപരമായ വൈചിത്ര്യം ഉളവാകുന്നത് കോശപ്രവർത്തനത്തിൽ നിന്നതിനേക്കാൾ കോശക്ഷയത്തിൽ നിന്നാണെന്നാണ് അദ്ദേഹത്തിന്റെ വാർത്ത കോശപ്രവർത്തനത്തിലേക്കാൾ കോശം പ്രകർഷണ വർദ്ധിക്കുന്ന ഒന്ന് രണ്ടാകുന്ന ആ ഇരട്ടിപ്പിക്കലിനേക്കാൾ ഫൈനാൻ സെൽ ഡബിളിങ്ങിനെക്കാൾ കോശക്ഷാണോ അപ്പോൾ അർബുദം ഇവിടെയാണ് വളരെ നിർണായകമായ പഠനം ഓക്കോ നമുക്ക് തരുന്നത് ഇതെല്ലാം അവരുടെ പഠനം വെച്ചാ ഞാൻ പറയുന്നത് ഒന്നും ഭാരതീയ പഠനമല്ല അതിൻ്റെ തിരിക്കേണ്ട ഇത് ഒരു യാദൃച്ഛികതയിലേക്ക് വിരൽ അതുപോലെ തന്നെ അർബുദ കാരണങ്ങളായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യവും പ്രത്യേകിച്ച് അണുക സംബന്ധികളായ അർബുദങ്ങളിൽ മുൻകൂട്ടി പറയാവുന്ന ഒരുപറ്റം സംഭവങ്ങളുടെ തലങ്ങളിലേക്ക് ഇത് നമ്മൾ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അർബുദമുണ്ടാക്കുന്ന എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ഒരിക്കലും പുകയില ഉപയോഗിച്ചിട്ടില്ല എന്റെ അപ്പൂപ്പനും ഉപയോഗിച്ചിട്ടില്ല എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛനും ഉപയോഗിച്ചതായി പറഞ്ഞു കേട്ടിട്ടില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആരും പുകയിലെ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് ഡോക്ടറെ ലങ്ങിൽ ക്യാൻസർ വന്നത് എന്നൊരാളെങ്കിലും ചോദിച്ചാൽ പുകയിലേക്ക് മുമ്പിൽ ഒരു മനസ്സിലായില്ല മാത്രമല്ല ലോകത്ത് കാണുന്ന എല്ലാ പദാർത്ഥവും ഏതെങ്കിലും കോശവുമായി ബന്ധപ്പെടുമ്പോൾ അതിൽ കണ്ട ക്യാൻസറിനെ അവലംബിച്ച് പഠനം നടത്തുകയാണെങ്കിൽ ക്യാൻസറോജനിക് അല്ല ഒരു പദാർത്ഥവും ലോകത്തില്ല സോ ക്യാൻസറോജനിക് സബ്സ്റ്റൻസ് അറുപതുകൾ വരെ കേരളത്തിലെ കുട്ടികൾക്ക് തങ്ക നൂല് വയമ്പിൽ അടിച്ചുകയറ്റി പൊരച്ചു കൊടുത്തിരുന്നു ഇന്നത്തെ ഓങ്കോളജിസ്റ്റുകൾക്ക് വരെ അവരുടെ തന്തയും തള്ളയും കൊടുത്തിരുന്നു മനസ്സിലായില്ല ഇന്ന് കുട്ടി ജനിക്കുമ്പോഴേ പറയും കൊടുക്കരുത് കാരണം അത് ക്യാൻസറോ ജനിക്കാം ചെമ്പും വെള്ളിയും പ്ലാറ്റിനവും എല്ലാം ക്യാൻസറോ അടുത്ത അമ്പലത്തില് ഉത്സവത്തിനോ കല്യാണത്തിനോ പോകാൻ നിങ്ങൾ കഴിക്കുന്ന ടാബ്ലെറ്റുകളിൽ നല്ല ശതമാനവും സിന്തറ്റിക് ഹോർമോൺസ് അലങ്ങിയ ഹോർമോൺ ടാബ്ലറ്റുകളിൽ അധിക ശതമാനവും അതിനുപയോഗിച്ച് ജീവിച്ചിരിക്കുന്ന സിന്തറ്റിക്സ് ക്യാൻസറോജനിക്ക മനസ്സിലായില്ല യൂട്രസിലും ഓവറിയിലും ഒക്കെ ക്യാൻസർ ഉണ്ടാക്കാവുന്ന അതിശക്തങ്ങളായ ക്യാൻസറോജനിക് സബ്സ്റ്റൻസ് ആണ് അവയിൽ ചേർത്തിരിക്കുന്നതെന്ന് അവയുടെ തന്നെ അടിക്കുറിപ്പിലുണ്ട് പയറുപോലെ മേടിച്ച് കഴിക്കുകയാണ് പയറുപോലെ കുഴിച്ചു കിട്ടുകയാണ് ആദ്യമൊക്കെ മാത്രമേ കുറിപ്പിക്കാറുള്ളൂ ശരിയല്ല ആദ്യന്ത കൂട്ടുകാരുടെ കല്യാണത്തിന് പോകാൻ ഈ ഒരു ഡോക്ടറെ പോയിക്കണ്ട് നല്ലൊരു കല്യാണത്തിന് പോകണം ഡോക്ടറും അവിടെ ചെന്നു കഴിഞ്ഞ് മെൻസൂൽ പീരീഡ് ആയാലും ഒരു തയ്യാറാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കുറിച്ച് തരണം അതൊന്നും ഒരുപാട് കേട്ടോ ഞാൻ പറഞ്ഞില്ല വേണ്ട എന്നൊരു മുഖവൊരുവിനോട് കൂടി എന്നാലും അടിച്ചോളം കുറഞ്ഞ് കുടിച്ച് തന്നാൽ ആ കുരുപ്പടി സൂക്ഷിച്ചുവെച്ചിട്ട് ഇനി ആവശ്യം വരുമ്പോഴൊക്കെ നേരെ പോയി കിടന്ന് വാങ്ങിക്കല്ലാതെ ഡോക്ടറെ കണ്ട അമ്പത് രൂപ കൊടുക്കണം ഡോക്ടർ ചോദിച്ചിട്ടൊന്നും എന്നാലും കൊടുക്കണ ഒരു മര്യാദ ആ അമ്പത് രൂപയും കൂടെ ലാഭം അതുപോലെ ചെറിയ സൈഡ് എഫക്റ്റ് വല്ലതുകൊണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ടാബ്ലറ്റുകൾ ഡോക്ടറെ കുടിച്ച് തന്നുകഴിഞ്ഞാൽ ആ വൈറ്റമിൻ ടാബ്ലറ്റ് മേടിക്കാതിരിക്കുക എന്ന കാസിന്റെ ലാഭം ഇനി അതിന്റെ വൈറ്റമിൻ ടാബ്ലറ്റ് മേടിക്കാതെ കടയിൽ ചെന്ന് മേടിച്ചാൽ കടക്കാരൻ്റെ നല്ല തന്നെ കടയ വരുമല്ലോന്നുള്ളതുകൊണ്ട് ഫാർമസിസ്റ്റ് അതിന് പകരം കഴിക്കാവുന്ന ഒരു കാടി കൊള്ളോ കഞ്ചി കൊള്ളോ കൂടെ കുടിച്ചോളാൻ അതിൻ്റെ ഒരു കമന്റും മനസ്സിലായില്ല ശരിയല്ല ഓ ഇതാണോ ഇതിന് നിങ്ങള് മറ്റേ ടാബ്ലറ്റൊന്നും കഴിക്കണ്ട രാവിലെ കഴിക്കുമ്പോ രണ്ടിലാരങ്ങൾ കുടിക്കും എത്ര ഉള്ളൂ ഇങ്ങനെയാണോ ഇത് ശത് ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതിൽ അതിശോക്തി ഉണ്ടെങ്കിലൊക്കെ പറയാം മടിയൊന്നും കാണിക്കണ്ട ശരിയല്ല അപ്പൊ നമ്മൾ ജീവിക്കുന്നതൊക്കെ ക്യാൻസറോജനിക് സബ്സ്റ്റൻസിന്റെയും ക്യാൻസറോജനിക് റേഡിയേഷൻസിന്റെയും മൊത്തം മധ്യത്തിലാണ് എന്നിട്ടും നാലോ അഞ്ചോ ശതമാനത്തെ മാത്രമാണ് ഇത് പിടികൂടുന്നതെങ്കിൽ അതില്ലാതെ രക്ഷപ്പെടുന്നവൻ ഇതിന്റെ നടുക്കുണ്ടെങ്കിൽ ഈ പദാർത്ഥങ്ങളെ വേറിട്ട് ഇതിന് വിധേയനാകുന്നവൻ്റെ അന്തരംഗത്തിൽ അന്വേഷണം തുടങ്ങേണ്ട സമയമായി മനസ്സിലായില്ല എൻ്റെ വീട്ടിലെ അഞ്ചംഗങ്ങളിൽ കാത്തിരുന്ന് ഒരുത്തനെ മാത്രം ഈ രോഗം പിടികൂടുമ്പോൾ ഞങ്ങൾ ബാക്കി നാലു പേർ കുഴപ്പമില്ലാതെ ഒരുമാതിരി ജീവിക്കുമ്പോൾ ഈ ഒരുത്തനെ മാത്രം പിടികൂടാൻ കാരണമായത് വീടിന് ചുറ്റും കിടക്കുന്ന ക്യാൻസറോജനിക് സബ്സ്റ്റൻസ് എന്നതിനേക്കാൾ അവന്റെ കോശത്തിന്റെ സ്വഭാവ സവിശേഷതയാണെങ്കിൽ ആ സ്വഭാവ സവിശേഷതയെ പരിണമിപ്പിക്കാവുന്ന ഒരന്വേഷണം നടത്തുന്ന കാലം വരെ ശാസ്ത്രം ഇരുട്ടിൽ തന്നെ ഇല്ലാത്ത പൂച്ചയെ തപ്പുകയാണ് ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടത്തു തപ്പുന്ന സ്റ്റാറ്റിസ്റ്റിഷ്യനെ പോലെ പ്രയോഗങ്ങൾ കടുത്തു പോകുന്നുവെങ്കിൽ പറയാം അതുകൊണ്ട് വളരെ ആലോചിക്കേണ്ടതാണ് അവിടെയാണ് യാദ്രീകതയിലേക്ക് വരൽ കൊണ്ടു എന്ന് പറഞ്ഞത് അപ്പൊ അർബുദ കാരണങ്ങളായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം സബ്സ്റ്റൻസസ് അതാണ് അർബുദ കാരണങ്ങളായ പദാർത്ഥം അണുക അർബുദങ്ങളിൽ അണുകങ്ങളുടെ സാന്നിധ്യം ഹ്യൂമൻ പാപ്പിലോമ വൈറസും മറ്റും വൈറൽ ക്യാൻസറുകളിൽ വളരെ പ്രധാനപ്പെട്ട പാപ്പിലോമ പാപ്പിലറി കാർസിനോമ കൂടുതലും ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ് സർവീക്സിലാണ് വളരെ കൂടുതൽ പണ്ട് കാലത്ത് ഇതില്ല കാരണം അന്ന് ഗർഭരക്ഷേർപ്പാട് അതുകൊണ്ട് ഈ വൈറസ് കടന്നു കയറുക ഇന്ന് മര്യാദയുള്ളൊരു ജീവിതമുണ്ട് അതുകൊണ്ട് കടന്നു കയറുക അന്ന് കുട്ടിക്കാലത്ത് തന്നെ അമ്മയും അച്ഛനും പഠിപ്പിക്കും അർത്ഥവ സമയങ്ങളിൽ മാറി നിൽക്കണം ആ സമയത്ത് ഈ അവയവങ്ങളെല്ലാം ഓപ്പണാകുന്നത് കൊണ്ട് അത്തരം സന്ദർഭങ്ങളിലെ ബന്ധങ്ങൾ മാരകങ്ങളായ വൈറൽ ഡിസീസുകൾക്ക് കാരണമാകും എന്നറിഞ്ഞ് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആ സമയത്ത് കണ്ണുകളുടെ തിളക്കവും തൊക്കിൻ്റെ നിറവുമൊക്കെ ആകർഷണീയതയെ കൂട്ടുമെന്നുള്ളത് കൊണ്ട് ആ സമയത്തെ ബന്ധങ്ങളിൽ മാരക രോഗങ്ങൾക്ക് സാധ്യത കൂടും എന്നുള്ളത് പ്രത്യേകിച്ച് വൈറൽ ക്യാൻസറുകളിലേക്കും മറ്റുമുള്ള ഭാവമാറ്റത്തിന് ഇട കൂടുതൽ ആയതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ അതൊക്കെ അച്ഛനോ അമ്മയും പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇന്ന് അത്തരം നമ്പർ വൺ അത്തരം ദേഹശുദ്ധി മനഃശുദ്ധി പ്രക്രിയകൾക്ക് പ്രാധാന്യമില്ലാതെ അന്ധവിശ്വാസങ്ങളുടെ പട്ടികയിൽ പുതിയ പെണ്ണങ്ങളും വാണുങ്ങളും എഴുതി കഴിഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ ഇന്ന് പ്രശ്നമാൻസറുകൾക്ക് വലിയൊരു തലമുണ്ടാക്കുന്ന അവിടെയാണ് പ്രത്യേകിച്ചും പണ്ട് കാലത്ത് ഇവയെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഔഷധങ്ങളുടെ തലം വളരെ വിപുലമാണ് അമ്പത്തിയാറ് ദിവസം കൊണ്ടാണ് ഫർട്ടിലൈസേഷന് ശേഷം പരിണമിക്കാത്ത കോശങ്ങളുടെ പൂർണ്ണ വളർച്ചയെങ്കിൽ പ്രസവാനന്തരമുള്ള അൻപത്തിയാറ് ദിവസങ്ങൾ കുഞ്ഞിന്റെയും അമ്മയുടെയും കോശകോശാന്തരങ്ങളിൽ ആകാശവും അഗ്നിയും വായുവും അവാന്തര പരിണാമങ്ങളെ ഉണ്ടാക്കിയേക്കാമോ വരുന്നവരും പോകുന്നവരും ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ആ കോശപരിണാമങ്ങളിൽ ന്യൂറോണുകളിൽ അവാന്തര ചലനങ്ങൾക്ക് ഇടനൽകിയാറത് ശാശ്വതമായ കലനം പ്രക്രിയയിൽ ചെന്ന് ഭവിക്കുമെന്നും അത് ക്രോംസോമുകളെയും ജീനുകളെയും വരെ മാറ്റിമറിച്ചേക്കാമെന്നും അറിഞ്ഞതുകൊണ്ട് അറുപത്തിയാറ് ജനങ്ങൾക്ക് പ്രാധാന്യം കൂടുതലും ഉണ്ടായിരുന്നു മനസ്സിലായില്ല ഇന്ന് പ്രസവിച്ച് കുഞ്ഞിനെ തള്ളയേപ്പിച്ചിട്ട് രണ്ടാം ദിവസം തന്നെ കോറിലേക്ക് ഓടേണ്ട കാലതാ ശരിയല്ല കുഞ്ഞു മാതാവുമായി ബന്ധമൊന്നുമില്ല ബന്ധത്തിൻ്റെ ആവശ്യമില്ല അതൊക്കെ തന്നെ ഉടരേണ്ടതാണ് ഇതിനെ ഉറക്കാൻ അമ്മയുടെ ചൂട് മതിയാകുമായിരുന്നു ഇതിനാനന്ദിക്കുവാൻ നമ്മയുടെ സ്പർശം മതിയായിരുന്നു ഇപ്പൊ ഇതിനന്ദിക്കുവാനും ഉറങ്ങുവാനും സൗകര്യം ആയ പാലിനകത്ത് തിളപ്പിച്ചു കൊടുക്കുന്ന പൊയില കഷായം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല കളിയൊന്നും പറഞ്ഞ ഏ അത് സ്വന്തം തള്ളയുടെ തള്ളയായപ്പോലും എന്നെ കൊണ്ട് അഴുക്കുമ്പോൾ ചേരം പിഴിഞ്ഞ് കൊടുത്തു പോകും ഇതിലെ ഉള്ളവന അതിഥികളൊക്കെ അപ്പുറത്തോ ഏതാണ് ീറ്റിലൊന്നും നിർത്തണ്ടേ ആ ഉടക്കെടാ ഞാൻ കാണിച്ചു തരാം നിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒരുത്തി ഉണ്ടാക്കി ഉണ്ടായി പോയിരിക്കാണ് ആശുണ്ടാക്ക ബാക്കിയുള്ളവർക്കല്ലേ പണി ഞാൻ നിന്നെ ഞാൻ കാണിച്ചു തരാം അവസാനാണ് ഇത് ഗുലമാലായി കിട്ടുന്നത് ഇനി ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ മാത്രം എപ്പോഴേ മനസ്സിലായി ഏ ആശ മാറണം േ മനസ്സിലാവുള്ളൂ അല്ലേ കണ്ടും എനിക്കറിയാൻ പാടില്ലേ ഇത് കുറച്ച് മോശമാ ഞാനത് കഴിഞ്ഞ എത്ര പ്രാവശ്യം അയ്യരുടെ വീട്ടിൽ ചാണകെള്ളം ഉണ്ട് കുലുപുഴിയണം എന്നുള്ളത് എനിക്ക് അറിയാറുള്ളൂ നാം മഞ്ഞുവെക്കുന്ന നാവ് കുലുപുഴിയുണ്ട് ചാണകെള്ളത്തിലായിരുന്നത് അത് നിന്റെ വീട്ടിലല്ലേ അവര ഈ ഇറക്കുന്നതി പശുക്കളല്ലേ ഉള്ളു വീട്ടിലെ വലിയ പശു ഉൾപ്പെടെ സോ അപ്പൊ കോശ വിഭജനത്തിന്റെ ഈ ഒരു തലം ശരീരത്തെ സംബന്ധിച്ചുള്ള ഈ പഠനം വച്ചിട്ടാണ് അത് വളരെ നിർണായകമായി പറഞ്ഞത് അപ്പൊ അണുക്കൾ ഉണ്ടാക്കുന്ന അറിവു തന്നെ പ്രസവം കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസം ഒരു പേരന്റെ പേര് ഞവരനെല്ലിന്റെ അരിയോ ചെമ്പാവിന്റെ അരിയോ ഉണക്കലരിയായി കുത്തി പൊടിച്ച് ചേർത്തരച്ച് അപ്പം ചുട്ടു തിന്നുമായിരുന്നു കേട്ടില്ല അയാൾ പതിനൊന്ന് ദിവസത്തെ അപ്പം മതി പാപ്പിലോമ വൈറസ് പോകാൻ കുടലൊന്നും വേണ്ട ഇന്നും ഇത് വന്ന് സർവീക്സിൽ ക്യാൻസർ ആയി റേഡിയേഷനും കീമിയോതെറാപ്പിയും ചെയ്യുന്നതിന് മുമ്പ് ഡിറ്റക്ട് ചെയ്ത് ഉടനെ വന്ന് ഒരു പതിനൊന്ന് അപ്പം അരച്ചുണ്ടാക്കി കഴിച്ചിട്ട് പോയി അതേ ടെസ്റ്റ് ചെയ്താൽ ഇല്ല ഗ്യാരൻ്റീഡാ മനസ്സിലായില്ല നൂറ് ശതമാനം പ്രോഡക്റ്റ് ആണ് സാധനം മനസ്സിലായോന്നറിയില്ല ഒരു പേരൻ വട്ടപ്പലം പെരിങ്ങലം പെരു പെരുക് തീട്ടപ്പുലാവില ഇതൊന്നും മനസ്സിലായില്ല ആ ഒരു വെളുത്ത പൂ ഹനുമാൻ കിരീടം എന്ന് പറഞ്ഞ് വെളുത്ത പൂ ഉണ്ടാകുന്ന വട്ടത്തിലലയുള്ള പണ്ട് കാച്ചിൽ കൃഷ്ണമുള്ളക്ക് കാച്ചിൽ പറഞ്ഞു കൊടുത്ത പോലെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു ഈ നാട്ടുകാർ ഏതാണോ ഇവിടെ പെരൂന്ന് പറയും ഈ ഭാഗത്ത് പെരൂ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ ഒരു വേരൻ കോട്ടയംകാർ പെരികലം കോട്ടയം ഡിസ്ട്രിക്റ്റുകാർ പെരിങ്ങലം കോട്ടയത്തിനപ്പുറം ഒരു വേരൻ കാരണം ഒറ്റ വേര ഉണ്ടാവു ആ ഇവിടുത്തുകാർ പെരിക് ഇവിടുന്ന് വടക്കോട്ട് പോയാൽ കണ്ണൂർ സൈഡിൽ എത്തിയാൽ തീട്ടപ്പാവില എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ തോറുമ്പോൾ മലമെടുക്കാൻ ഈ ഇലയാണ് അതുകൊണ്ട് അതിന് തീട്ടപ്പിലാവില കണ്ണൂർ വിട്ട് പയ്യന്നൂരും അപ്പുറത്തേക്കും ചെന്ന് കഴിഞ്ഞാൽ വട്ടപ്പലം ഇതിന്റെ തളിരല മുർഖ് കടിച്ചാൽ അരച്ച് പാലിൽ കൊടുത്താൽ വിഷം എവിടെയോ അവിടെ സ്തംഭിക്കും പാമ്പ് വെച്ചത്തിന് ഏറ്റവും വലിയ ഔഷധമാണ് മൂർഖൻ പാമ്പിന്റെ വിഷത്തിന് ഏറ്റവും വലിയ ഔഷധമാണ് ഇതിന്റെ തളിരല പെരിന്റെ ഏത് തലവേദനയ്ക്കും പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഇടത്തുവശത്തെ മൈഗ്രൈന് വളത്തേക്കാളിന്റെ വെലുവിരലിലും വലത്തുവശത്തെ മൈഗ്രൈനിൽ ഇടത്തേക്കാലിൻ്റെ വെലുവരലും ഇതിന്റെ തളില വിഴിഞ്ഞു നീരൊഴിച്ചാൽ പിടിച്ചു കെട്ടിയതുപോലെ നെയ്യും പണ്ടുകാലത്ത് ഈ സിദ്ധ ചികിത്സക്കാരൊക്കെ വീട്ടിലിരുന്ന് കൊടിഞ്ഞു വിലക്കുക എന്നൊരു ഏർപ്പാടുണ്ട് അപ്പൊ കേൾക്കാറില്ല രാവിലെ കുളിച്ച് വീട്ടിൽ വന്നാൽ കൊടിഞ്ഞു വിലക്കി തരാമെന്ന് പറയും പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം മൈഗ്രൈന് വേണ്ടി മരുന്ന് കഴിക്കുന്നവര് ഒരു പ്രാവശ്യം അവിടെ ചെന്നാൽ ഇവൻ ചെയ്യുന്നത് രാവിലെ കുളിച്ചു വരണം ശുദ്ധമായി വരണം ചെറിയ പരിപാടി ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ മാറുമെന്നൊക്കെ പറയുന്നത് ഇയാൾ നേരത്തെ റെഡിയായിരുന്നു തൊട്ടുരിയാടാതെ വർത്തമാനം പറഞ്ഞു പറിച്ചാൽ പ്രയോജനമില്ല തൊട്ടുരിയാടാതെ സെൻസിറ്റീവ് പ്ലാന്റ് ആയ വട്ടഫലത്തിന്റെ തളിരല പറ കൊണ്ടുവന്ന് കയ്യിലിട്ട് പിഴിഞ്ഞ് ആ നീര് ആദ്യം ചോദിക്കും നിങ്ങളുടെ വലത്തുവശത്താണോ മഹിളി ആണെന്ന് പറഞ്ഞ സൂര്യൻ ഉദിച്ചിട്ടാണോ സൂര്യനെ അസ്തമിക്കുമ്പോഴാണോ ഇങ്ങനെ പല സമയമുണ്ട് സമയത്ത് വന്നോളാൻ പറയും വന്നു കഴിഞ്ഞാൽ വലത്തുവശത്താണെങ്കിൽ ഇടത്തേക്കാലിന്റെ വെരുവരലിലും ഇടത്ത് വശത്താണെങ്കിൽ വലത്തേക്കാലിന്റെ വെരുവരലിലും ഒഴിച്ചാൽ അപ്പം നിൽക്കും അതേ പെരിങ്ങലത്തിന്റെ ഇല പെരികിന്റെ ഇല വട്ടപ്പലത്തിന്റെ ഇല തീട്ടപ്പിലാകയുടെ ഇല എന്ന് പറയുന്ന ഇല ഒരു കള്ളുടത്തിന്റെ അടിയിൽ വെച്ച് കൊണ്ടുപോയി ആ കള് പിന്നെ അവന്റെ ജീവിതകാലത്ത് തലവേദന പോവുകയില്ല കള് ചെത്തുന്നവർ ചിലപ്പോ പറ്റിച്ചാൽ ആ ഷാപ്പിന്നിറങ്ങുന്ന എല്ലാം തിലകനടി പറ്റിക്കും മൺകലമാണല്ലോ കലംന്ന് പറയുന്നത് അപ്പൊ അബ്സോറി അല്ലാതെ നിങ്ങളീ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് കിളം മേടിച്ച് ഉദ്ദേശിച്ചു ദാമി പറഞ്ഞു ഇപ്പൊ എല്ലാം പ്ലാസ്റ്റിക്കാൻ തോന്നുന്നു ഞാൻ പറഞ്ഞ മൺകലത്തിന്റെ അടിയിൽ വെച്ചാൽ ഉറപ്പാണ് ഇതിന്റെ ഇലയും ശർക്കരയും അരിയും കൂടി അരച്ചുരുട്ടി ഉരുളകളാക്കി ഒരു കലത്തിലിട്ട് വെച്ച് പത്ത് മുപ്പതിലൊരു ദിവസം കഴിഞ്ഞ് ഊറി വരുന്നത് എടുത്താൽ ഒരു സ്പൂൺ അടിച്ചാൽ ഈ ലോകം തരികിടമറിയും മനസിലായില്ല തലവേന എടുക്കലേന്ന് ഈ ലോകം തരികടമറിയള്ളോളം ഉള്ളിൽ ചെന്നാൽ ഭൂലോകം തരികിടമറിയുമെന്ന് മറിയോട് പറയുന്ന കേട്ടിട്ടില്ലേ ആ പാട്ട് കേട്ടില്ല അങ്ങനെ കേട്ടില്ല കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്ത് ഇല്ലടി മറിയേ പക്ഷെ അത്രയും പോയിട്ടില്ല വളരെ മോശം എന്റെ തലമുറയായിട്ട് നോക്കുന്നു നിങ്ങളുടെ ഹൃദയ സാങ്കേതിക വിദ്യകളൊക്കെ വളരെ മോശം അല്ല അവരുടെ ഉദ്ദേശ അല്ല അവരുടെ ശത്രുത വരും പക്ഷേ മാത്രം ഞാൻ അതിനകത്ത് ഇട്ടാലും അത് വളരെ ശക്തമായിട്ട് കാരണം അതിനകത്ത് ഒരുപാട് ആൽക്കലോറിറ്റ്സും മറ്റും ഉള്ളൊരു ഇലയാണ് ഒട്ടേറെ ആൽക്കലോറിഡ്സ് ഉള്ളതാണ് ആ ഇത് ദേഹം തയ്ച്ചാൽ ദുഃഖ രോഗങ്ങളെല്ലാം പോകും എല്ലാ ദുഃഖരോഗങ്ങളും പോകും ഞാൻ ഒരു സംശയം വേണ്ട വളരെ ശക്തമായ ഔഷധമാണ് അല്ലെങ്കിൽ ചെറിയ ഔഷധം ഒന്നും അല്ല ഔഷധ കൽപ്പനയിൽ പാരമ്പര്യ ഔഷധ കല്പനയിൽ ഏറ്റവും കൂടുതൽ പ്രയോഗങ്ങളുള്ള ഔഷധമായത് ചെറിയ പ്രയോഗം അല്ല ഇതുകൊണ്ട് ഒരുപാട് പ്രയോഗം ഉണ്ട് ഒരു നൂറ് ചില നമ്പരായതല്ലേ എന്നാൽ ഈ വട്ടപ്പല അല്ലെ പെരുകെന്ന് പറഞ്ഞാൽ ഒരുപാട് കരിങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ രണ്ടോ കരിയങ്ങളിലല്ല ഇത് അരച്ച് വരണ്ടി തൊക്കെ രോഗങ്ങളെല്ലാം തന്നെ മാറും ഇത് എണ്ണ കാച്ചി ഉപയോഗിക്കും പല പഴയ ആള് അതുകൊണ്ട് നസ്യം ചെയ്യും സെൻസോറിയം ന്യൂറോണിയം മോട്ടോറിയം കോംപ്ലക്സിൽ വളരെ ശക്തമായ സങ്കീർണ്ണങ്ങളായ ഭാവ പ്രത്യേകങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന എത്രണ്ടാകും കോംപ്ലക്സിൽ ഇത് ശരിയാതായിട്ട് കാണണ്ടവനല്ല ഈ വഴിയിൽ ഈ വെള്ളം ഇരിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞവനെങ്കിലും അവനുള്ളതിൽ ഊഷരുള്ളവനാണ് എവിടെയും പിടിക്കുകയും ചെയ്യും കണ്ടിട്ടില്ല കാറ്റിടിയല്ല അവനാണ് ശരിയായ ജീവൻ ലോകത്തിൽ ഒരുപാട് സാധനങ്ങൾ അങ്ങനെയുണ്ട് പക്ഷെ എന്റെ വാരി ആഴത്തിൽ പഠിക്കണം അതിന് വേദനം പഠിക്കണം വൈദിക സംസ്കൃതി പഠിക്കണം നിങ്ങൾ തല്ലിക്കൊല്ലുന്ന പാമ്പ് ഓരോ വെല്ലുവിളിക്കുമ്പോഴും കഴിഞ്ഞവണ്ണം പറഞ്ഞാൽ തോന്നുന്നു വായുവിലുള്ള വിഷം മുഴുവനോ അത് ഫാങ്കിലേക്ക് കയറ്റുന്നത് അതിനെ തീർത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വായുവിലുണ്ടാകും പാകും വഷം മനസ്സിലായില്ല മനുഷ്യൻ ജീവിക്കുന്നതിനേക്കാൾ അത്യാവശ്യം പ്രകൃതിയിൽ പാമ്പാടും മനുഷ്യന്റെ ആവശ്യക്കാരനല്ല മനുഷ്യനെയും ഭൂമിക്ക് സംഭാവനയൊന്നും ചെയ്യുന്നില്ല ഉള്ളോ ഒക്കെ അടിച്ചു നിർന്ന് വിരിയുന്നേ ഉള്ളൂ ഇവിടെ നശിപ്പിച്ച് വിരിയുന്ന ഒരു വർഗം മനുഷ്യനാണ് അതിൽ പ്രത്യേകിച്ച് മത നേതാക്കന്മാരും ഞങ്ങള് രാഷ്ട്രീയ നേതാക്കന്മാരും സന്യാസിമാരും ഒക്കെ അവരായി രോഗം കുട്ടിച്ചോറാക്കുന്നതിൽ ഒന്നാമന്മാർ എല്ലാത്തിനെയും കൂടെ ഒഴിച്ചു കൂട്ടിയൊരു സത്യം കൊടുത്ത് അതിലൊന്നും കലർത്തിയാൽ ചിലപ്പോൾ നാട് നന്നാവും ഇരുപോ അപ്പൊ അതുകൊണ്ട് ഈ വൈറൽ ക്യാൻസറുകളിൽ ഇത് വളരെ ഫലപ്രദമാണ് ഇത് മാത്രല്ല അതിന്റെ പേര് മാത്രം പേര് മാത്രം വേദം തിളപ്പിക്കാനും ഉപയോഗിച്ചിരുന്നു പണ്ടുകാലത്ത് വേദമുണ്ടാക്കാൻ അര ചുണക്കലരെയും ചേർത്ത് അര ചപ്പൻ ചുട്ട് തോന്നാൻ പതിനൊന്ന് ദിവസം മതി കൂടുതലൊന്നും വേണ്ട ഏത്സറും പപ്പിനോമയാണെങ്കിൽ വൈറൽ കരസിനോമ മാത്രം തീർത്തു മാറും ഇത് മാത്രല്ല അപാമാർഗയും ഇതിനുത്തമുമാണ് വളരെ എല്ലാ കഷം മതിയാണ് ഒരുപാട് ഒന്നും ഔഷധം വളരെ കുറച്ച് മാത്രേഖ വളരെ കുറച്ചു അഞ്ച് ഗ്രാം അല്ലെങ്കിൽ പത്ത് ഗ്രാം രണ്ട് സ്പൂൺ രേഖ മാത്ര കുറഞ്ഞിരിക്കുമ്പോഴാണ് ഔഷധ മാത്ര കൂടിയാലത് ആഹാരമാണ് ഒരു സ്പൂൺ മുരിങ്ങയില നീരെടുക്കുമ്പോൾ അത് ഔഷധവും പത്ത് സ്പൂൺ മുരിങ്ങയില നീരെടുക്കുമ്പോൾ അത് ആഹാരവുമാണ് പിന്നെ അതിനെ ധരിപ്പിക്കില്ല പത്ത് സ്പൂൺ ഒന്നിച്ചങ്ങോട്ടി ചെല്ലുമ്പോൾ ശരീരത്തിനറിയാം ഇത് മുഴുവനും കൂടെ കൂടി ഔഷധ രൂപത്തിൽ പാകം ചെയ്ത് കഴിഞ്ഞാൽ ശരീരം തട്ടിപ്പോവും ബി പി ലോയാവും അതുകൊണ്ട് വയറിളകുള്ളൂ ഒരൊന്നും സംഭവിക്കില്ല അതേസമയം അതൊര ടീസ്പൂണോ ഒന്നും കഴിക്കുകയാണെങ്കിൽ അത് ഔഷധ മാത്രമേ ലേഹിയൊക്കെ എങ്ങനെയാണ് ലേഹിയൊക്കെ സ്പൂൺ കണക്കിന് തവിക്കണക്കിന് തട്ടിയാൽ അത് മരുന്നൊന്നും ആവില്ല കാശ് ഉള്ളൂ ഔഷധ ആകുമ്പോൾ അതിന്റെ മാത്രയൊക്കെ വളരെ കുറച്ചു മതി സ്പൂൺ കഴിച്ചാലേ വല്ലതും ആവുള്ളൂ ആനകളോത കഴിക്കുന്നത് അതുകൊണ്ട് അതൊന്നും ആവശ്യമില്ല മാത്രേ അതിനുമുണ്ട് അതിനും മാത്രമേ ഉണ്ട് ചിലപ്പോൾ വർത്തമാന മാത്രൂ മാത്രമേ ഉണ്ട് കൃത്യമായ മാത്രകളുണ്ട് മാത്ര കണക്കാക്കാതെ ഔഷധകൽപ്പനല്ല രണ്ട് മാത്രകള മാഗത മാത്രയും കലിങ്കമാത്രയും ഒന്ന് രണ്ടു മാത്രകള ഇന്ത്യയില് കേരളത്തിൽ നിലനിൽക്കുന്നത് മാഗതമാണ് രണ്ട് മാത്ര സങ്കല്പങ്ങളുണ്ട് അതുകൊണ്ട് മാത്രം നോക്കി മാത്രമേ ഔഷധം കഴിക്കാവൂ അല്ല ഒന്നും ഔഷധം അത് ഈ കുഴപ്പം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചൂർണവും കെട്ടായോരുമോ സ്റ്റോക്ക് ഒരുപാട് വേണം തട്ടിക്കൊള്ളാൻ വരും അത്ര വെള്ളം അല്ലേ കുഴപ്പമൊന്നുമില്ല താൻ തട്ടിക്ക് പോകും കുഴപ്പമൊന്നുമില്ലാത്ത ഗുണവുമില്ല കുഴപ്പമില്ലെങ്കിലും കുഴപ്പമുണ്ട് തന്നെ അത് ഒഴിച്ചുള്ള എല്ലാത്തിലും ഈ സൈറ്റോഡിസിസ് പ്രശ്നമാണ് മുൻകൂട്ടി പറയാവുന്ന ഒരുപറ്റം സംഭവങ്ങളുടെ തലത്തിലേക്കാണ് കോശ വിഭജനത്തിലൂടെ നാം എത്തുന്നത് ഇത് തൻ്റെ വർത്തനാക്ഷയത്തിന് കാരണമായി സ്ഥൂല ശരീരത്തെ നശിപ്പിച്ച് സൂക്ഷ്മ ശരീരത്തെ ആ ഘടനാ വൈദ്യത്തിൽ നിന്ന് രക്ഷിച്ച് പുത്തൻ പ്രതീക്ഷകളുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വെമ്പൽ കൊള്ളുന്ന ഒരബോധ പ്രക്രിയയുടെ തലം സാത്വികമായി ഉദയം ചെയ്യുന്നു എന്ന് പൂർവന്മാർ ജീവിച്ചിട്ടുണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണമെന്ന മൂന്ന് ശരീരമാണ് എന്റെ സ്വപ്ന ശരീരത്തിന് ഈ സ്ഥൂല വൈചിത്രങ്ങൾ ഇഷ്ടപ്പെടാതെ എൻ്റെ അമ്മ എൻറെ അച്ഛൻ എൻ്റെ മക്കൾ ബന്ധുക്കൾ എൻ്റെ ചുറ്റുപാടുകൾ ഇവയോട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെ എൻ്റെ ഈ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പോകുവാനുള്ള വെമ്പലിൽ നേരത്തെ വന്നുകൂടുന്ന ഈ വാർത്തക്യം മനസിലായില്ല ഈ ശരീരം ഉപേക്ഷിക്കണം അതിനു കോശം വിഭജിച്ചേ പറ്റൂ ഇപ്പൊ കോശവിഭജന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അവിടെ ഈ അബോധ പ്രക്രിയയുടെ തലമാണ് താത്വികമായി ഉദയം ചെയ്യുന്നത് അപ്പൊ കോശവിഭജനത്തിന്റെ ഏതാനും ഘട്ടങ്ങൾ കഴിയുമ്പോൾ കാലപ്രവാഹത്തിൽ വിഭജനം നിൽക്കുകയും കോശക്ഷയം തുടങ്ങുകയും ചെയ്യുന്നു അവിടെയാണ് ഗാത്ര പ്രദേശി കൊചിദേവ ദോഷാഹ സമ്മൂക്ഷിത ശാസ്ത്രവിരൂ വീന സുസൃതൻ എഴുതുന്നത് നേരത്തെ പറഞ്ഞതാണെന്ന് പറഞ്ഞു ഇതാണ് നേരത്തെ പറഞ്ഞു മാംസത്തിന്റെ ഉപജയം അവിടെ ഉണ്ടാവും അത് ംസേനജ മേധസണാ ഗ്രന്ഥേ സമാന സദാഭവ ഗ്രന്ഥി എന്ന പോലെയാണ് ഇതുണ്ടാകുന്നത് മുഴകൾ പോലെ മുഴകൾ പോലെ എത്രവിധം വാദജം പിത്തജം കപജം രക്തജം മാംസജം മേധ സ്ഥയം ഇത്രയും തരമായി അതിനെ തിരിയാ ഇത്രയും തരത്തിൽ അർബുദങ്ങളുണ്ട് ആരുകൾ പഠനവും അത് അനല്പമൂലകത്വം ചിരവൃത്തിവം ചിരഭാഗത്വം ഒക്കെ പടർന്നു നിൽക്കുക സാവധാനത്തിൽ വളരുക സാവധാനത്തിൽ പാകമാവുക ഇതെല്ലാം അതിൻ്റെ പ്രത്യേകതയാണ് പൂർവജാതെ ജ്ഞയം തത് അത്യർഭു അർബുദജ്ഞ യുഗർഭു തച്ച ഭവേദർബുദമായാൽ അസാധ്യവുമാകുന്നു ഒരിക്കൽ അർബുദം ഉണ്ടായ സ്ഥലത്ത് വീണ്ടും ഉണ്ടാകുന്നത് അത്യർബുദം ചികിത്സിച്ചു ഭേദമായി കഴിഞ്ഞ അതേ സ്ഥാനത്ത് വീണ്ടും അതേര് പൊട്ടി അത്യർബുദം എന്ന് പറയും അർബുദം ഉണ്ടായിരിക്കുമ്പോഴോ കുറെ കഴിഞ്ഞോ മറ്റൊരിടത്തുണ്ടാകുന്നത് ദ്വിരർഭുതം എന്ന് പറയും ഒരിടത്തുനിന്ന് പലയിടത്തേക്ക് പോകുന്നത് സെക്കൻഡറീസ് ഇത് പഴയ പദങ്ങളാ നേരത്തെ പറഞ്ഞ ഹേഫ്ലിക്കൊക്കെ ഇന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ പഴയ പദങ്ങളാണ് ഒരിക്കൽ ഒരിടത്തുണ്ടായി അത് അവിടെ നിന്ന് വേറൊരിടത്തേക്ക് അല്ലാതെ ഏതെങ്കിലും മലർന്ന് പോയി ഏതെങ്കിലും ഒരു മരുന്ന് കണ്ടിട്ട് ആരൊരാളൊരു മരുന്ന് പറിച്ചു കൊടുക്കാൻ തുടങ്ങുന്നതാണ് ആയുർവേദം എന്ന് ധരിച്ചാണ് ആയുർവേദത്തെ ധാരണയൊക്കെ വെച്ച് പുലർത്തി ഓടുന്നത് ആയുർവേദം ശക്തമായൊരു തത്വജല ദർശനവും ശക്തമായൊരു പഠനവും ഉള്ളതാണ് ഏറ്റവും ആധുനികമെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കാവുന്ന രോഗങ്ങളെക്കുറിച്ച് സുശ്രുത ജനകാതികളുടെയൊക്കെ അഭിപ്രായം വായിച്ചാൽ നിങ്ങൾ നടുങ്ങി പോകും ആധുനികൻ്റെ ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിനൊന്നും കടന്നെത്താൻ പറ്റാത്തതാണ് അവരുടെ നഷ്ടനേത്രങ്ങൾ കണ്ടെത്തിയത് ഇതൊക്കെ കക്ഷത്തിൽ വെച്ച് ഈ സാധനമൊക്കെ പ്രചരിപ്പിക്കുവാനും ഇതൊക്കെ പഠിക്കുവാനും ഇതിലൊക്കെ ഗവേഷണം നടത്തുവാനും ഈ രാജ്യത്തിന്റെ പ്രബുദ്ധമായൊരു തലമുറ തയ്യാറായിരുന്നു എങ്കിൽ വിച്ചച്ചട്ടിയും കൊണ്ട് നിങ്ങളുടെ മന്ത്രിമാരും സന്യാസിമാരും രാജ്യാന്തര യാത്രയ്ക്ക് തണ്ടി വരുമായിരുന്നില്ല മനസ്സിലായില്ല പലരും പലരുടും കണ്ടുപിടിക്കുന്നതൊക്കെ അവിടുന്ന് കാശി വാങ്ങിച്ച് അവർക്ക് പരീക്ഷിക്കാൻ മടിയുള്ളതൊക്കെ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മേൽ ഇതിനെ മുഴുവൻ കൊല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ഏതോ മുത്തച്ഛൻ എന്നോ ഇവൻ്റെ തലമുറകൾ ഒരിക്കലും ദുഃഖിക്കാതിരിക്കാൻ കണ്ടെത്തിയത് മുഴുവൻ പുതിക്കെട്ടും കെട്ടി ആ ഭാഷ പഠിക്കാതെ അന്യന്റെ ഭാഷ ജീവിതകാലം മുഴുവൻ പഠിക്കാൻ പത്രപ്പെട്ട് പഠിച്ചാലും പഠിച്ചാലും പഠിക്കാൻ നാവിൽ ഉറക്കാത്ത ആ ഭാഷയിൽ നാല് വാക്ക് പറഞ്ഞാൽ അഭിമാനമായെന്നോർത്ത് വെല്ലിമ്മയും വെല്ലിപ്പനും വരെ ഓടുന്ന ഈ കാലത്ത് മനസ്സിലായില്ല കാരണം അടുത്ത കാലത്തിന് വല്യപ്പൻ പറഞ്ഞപ്പോഴായിരിക്കും ചിരി വന്നു മോൻ എവിടെയെന്ന് ചോദിച്ചു അപ്പൊ വല്യപ്പൻ പറഞ്ഞു അവൻ പ്രഗ്നന്റ് ആയിരിക്കണം ഞാൻ ആദ്യം ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല കാരണവരോട് ചോദിച്ചു മോൻ എവിടെയാണെന്ന് ചോദിച്ചോ മകൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാലം വരെ എത്തിയോ അല്ലെ വാതക്കലൊക്കെ എത്തി എന്ന് എനിക്കും തോന്നാറുണ്ട് അതിന്റെ വാതക്കലൊക്കെ എത്തിയെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞ് വല്യപ്പനെയാണ് അത്ഭുതത്തോട് നോക്കിയപ്പോ വിദ്യാഭ്യാസത്തോടെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞു അത് ഈ കുഴപ്പമെന്താ വെച്ചാൽ അച്ഛൻ ഇംഗ്ലീഷിൽ പറയാൻ അഭിമാനം കൂടുതലാണ് അപ്പോ അയുർവക്കത്തെ മത്തായി ചേട്ടന്റെ മകള് പോർ ഇല്ല മനസ്സിലായില്ല പീയെ അവിടെ വന്നിട്ടുണ്ടാവു അവിടെ പ്രഗ്നന്റ് ആണ് ഗർഭിണിയാണ് അപ്പൊ മത്തായി ചേട്ടൻ വന്ന് വീട്ടിൽ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞോ മകള് പ്രഗ്നന്റ് ആണെന്ന് അച്ഛനും ഇംഗ്ലീഷിൽ പറയേണ്ടത് കൊണ്ട് അച്ഛൻ അന്നേരം കാണാത്തു പ്രഗ്നന്റ് പോർ ഈ പോറിനേക്കാൾ കുറച്ചുകൂടെ കത്തിയുള്ള പദമാണ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു സ്വാമിയോട് ശക്തി പുതിയൊരു പദം പ്രഗ്നന്റ് ആയിട്ട് കാണുന്നില്ലേ ഒരാളുണ്ടെന്നുള്ളത് ഉറപ്പാണ് ദേവി ചിലപ്പോ ഡോക്ടർമാരോടും മറ്റുള്ളവരോടും ഒക്കെ മലയാളം പറഞ്ഞാല് പോരാളജ് പ്രഗ്നന്റ് ആയിരിക്കുന്നത് അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാക്കുന്നുണ്ട് ജനിതക സിമയിലും ക്രോമസോമിലും എല്ലാം അപ്പൊ അതിലെ അഭാഗം തുടങ്ങിയവ അതുപോലെ മൂലം അതിന്റെ വേരുകൾ പടർന്നു പിടിക്കുന്നത് അതുപോലെ അത്യർഭുതമാകുന്നത് ദ്വിരർഭുതമാകുന്നത് സെക്കൻഡറീസ് എല്ലാ ദ്വിരർബുദവും സെക്കൻഡറീസും ഒക്കെ ആലോചിച്ചുകൊണ്ടുള്ളതാണ് ജീവ സൃഷ്ടി വൈചിത്യത്തിൽപ്പെട്ട് പ്രകൃതിയെ അംഗീകരിക്കാതെ അവന്റെ പാരമ്പര്യജന്യമായ പൂർവജൻ കൈയിടത്തുമ്പോൾ അവന്റെ കോശാന്തര സ്ഥിതിയിൽ വരുന്ന മാറ്റത്തെ അർഹുതമെന്ന് ഒന്നാമത് വിളിക്കാമെന്ന് സമാഹരിച്ചു പറഞ്ഞാൽ ജീവസൃഷ്ടി വൈചിത്യത്തിൽ ജീവസൃഷ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായി സൃഷ്ടി രണ്ട് മണ്ണ് പ്രപഞ്ച സൃഷ്ടി അതിൽ കല ഉണ്ടാക്കുന്നത് ജീവസൃഷ്ടി മനസ്സിലായില്ല അതുപോലെ എൻ്റെ മകൻ്റെ പഠിപ്പ് എൻ്റെ മകൻ്റെ വളർച്ച അതൊക്കെ ഞാനിച്ഛിക്കുന്നത് പോലെ പോലെ വേണമെന്ന് അമ്മയായ ഞാനും അങ്ങനെയല്ല വേണ്ടത് അവൻ എൻജിനീയറിങ് എടുത്ത് വളർന്നാൽ മതിയെന്ന് എഞ്ചിനീയറായ അച്ഛനും മനസ്സിലായില്ല എൻ്റെ സഹോദരന്റെ മകൻ ഡോക്ടറും സഹോദരൻ ഡോക്ടറുമാണെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ഡോക്ടർമാരെ ഉള്ളെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യത്തിലെ ഈ എഞ്ചിനീര് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലായില്ല ഏ ഇവിടെ വേണ്ട പോകുന്നെങ്കിൽ അവൻ എം പോയാ മതി കാശില്ലെങ്കിൽ ഞാൻ തരാം എടാ മോനെ നീ അതിന് പഠിച്ചാൽ മതി ശരിയല്ല കൊച്ചു ഇത് കൂടുതൽ മനസ്സിലായിരുന്നു നിങ്ങക്ക് അതിൽ ചാരിതാർത്ഥികൾ അപ്പോ അമ്മ ഒരു വഴിക്കും അച്ഛൻ ഒരു വഴിക്കും നിർബന്ധിക്കുമ്പോൾ സമൂഹം വേറൊരു വഴിക്കാവുമ്പോൾ താൻ ഏതൊരു കർമ്മവിഭാഗത്തിനും ഏതൊരു കർമ്മസഞ്ചയത്തിനും ഏതൊരു ജീവിതത്തിനും ഏതൊരു ജീവിതത്തിനും തൻ്റെ സ്വപ്നങ്ങളുമായി ശരീരമെടുത്ത് ജനിച്ചുവോ അവയെ വർദ്ധമാക്കുന്ന ഈ സങ്കല്പങ്ങളുടെ ലോകത്തുനിന്ന് തൻ്റെ ശരീരത്തെയും തന്നെയും തൻ്റെ സ്വപ്നങ്ങളോടുകൂടി മോചിപ്പിക്കുവാൻ ഇച്ഛിക്കുമ്പോൾ ഏതോ ഒരു പൂർവജൻ അവന്റെ ജീവിത വ്യാപാരത്തിലേക്ക് കൈകടത്തുമ്പോൾ കോശാന്തര വ്യാപാരം മാറി മറിയുകയും എത്തുകയും അവൻ തൻ്റെ കോശങ്ങളെ ഉപേക്ഷിച്ച് ഇവിടെ നിന്നും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ള ഒരു രക്ഷകന്റെ വേഷമാണ് അർബുദം മനസ്സിലാവുമോ നല്ല ചോദ്യം എൻ്റെ കുഞ്ഞ് പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ രാവിലെ എറ്റ് അമ്മയായ ഞാൻ നീ മലമൂത്ര വിസർജനം ചെയ്യണ്ട ചൂഷന്റെ സമയായി പോയി ചെന്നിട്ട് വൈകുന്നേരം മതി മനസിലായില്ല നിങ്ങൾ അവന്റെ മസ്തിഷ്കം തീരുമാനിക്കും ബുധം ഒരാവശ്യ വസ്തുവല്ല ചെറുകുടാവശ്യ വസ്തുവല്ല മലമൂത്ര വിസർജനം വേണ്ടതല്ല കാരണം ആരാ പറഞ്ഞിരിക്കുന്ന അമ്മയാ പറഞ്ഞിരിക്കുന്നത് ഓർഡറ മനസിലായില്ല അവന്റെ മസ്തിഷ്ക കോശങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവും ഇനി മലമൂത്രം ഒന്നും വേണ്ട രാ മാലിന്യം അവന്റെ ശരീരത്തിലേക്ക് കയറാൻ ഈ അമ്മയിൽ നിന്ന് എങ്ങനെയാണോ ഒന്ന് രക്ഷപ്പെടുക ഏതായാലും പോകുന്നൊഴിക്ക് കൂട്ടുകാരോട് എന്റെ അമ്മയെ കൊണ്ട് ഞാൻ ജയിച്ചു എന്ന് പറയേല മനസ്സിലായില്ല ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയും മടുത്തു എന്ന് പറയും പറയില്ല മസ്ഷ്കം കേൾക്കും അവിടെ രേഖപ്പെടുത്തും ന്യൂറോണുകളിൽ സിനാപ്സുകളിൽ ഇത് മുഴുവൻ വിദ്യാഭ്യാസമുള്ള ഒരമ്മയുടെ പദ്ധതിയാണ് മുപ്പത് കൊല്ലം മുമ്പ് ഒരമ്മ അവനെ വിളിക്കും എവിടെയോട് കേട കലദവി കക്കൂസിൽ കൊണ്ടുവന്നിട്ട് രാവിലെ പല്ല് തച്ചിട്ട് രാവിലെ കുളിച്ചിട്ട് രാവിലെ ആഹാരം കഴിച്ചിട്ട് എന്നിട്ടൊക്കെ പഠിച്ചാൽ മതിയേടാ ഓ ഇനി നീയങ്ങ് പഠിച്ച് പണിക്കരായിട്ട് എവിടെ മുഴുവൻ വെളുപ്പിക്കാൻ പോകും നിന്റെ തന്ത പഠിച്ചിട്ടും അങ്ങേടെ തന്ത പഠിപ്പിച്ചിട്ടും പഠിച്ചിട്ടും വിധി കൂടുതലൊന്നും വെളുത്തിട്ടില്ല മതിയടാൻ ശരിയല്ല ഏ അത് വിദ്യാഭ്യാസം ഇല്ലാത്തമ്മ വിവരമുള്ള അമ്മ ഇത് വിദ്യാഭ്യാസമുള്ള അമ്മ വിവരം തൊട്ടു തയ്ച്ചിട്ടില്ലാത്ത അമ്മ അമ്മയല്ല മമ്മി അമ്മ എന്ന് പറയുമ്പോ അത് പാരമ്പര്യത്തെ ധികരിക്കലാണ് മമ്മി എന്ന് പറയുമ്പോ അതിന് സുഖമുണ്ട് ശരിയല്ല അപ്പൊ കോശാന്തര വ്യാപാരത്തിലേക്ക് അമ്മ കൊടുക്കുന്ന ആ സന്ദേശം സുഹൃത്തുക്കൾ ബന്ധുമിത്രങ്ങൾ തൻ്റെ ജീവ സൃഷ്ടി വൈചിത്രത്തിൽപ്പെട്ട് പ്രകൃതി അതിനെ ചുറ്റുപാടുകളും സമൂഹവും നിയമങ്ങളും നിയമജ്ഞന്മാരും ഭരണാധികാരികളും അംഗീകരിക്കാതെ തൻ്റെ ജീവിത വ്യാപാരത്തിലേക്ക് അന്യന്റെ സ്വർഗതാശകലങ്ങൾ അത്രയും കയ്യെ കടത്തുമ്പോൾ സ്വച്ഛന്തമായ തൻ്റെ ജീവിത വ്യാപാരം ഈ അന്തരീക്ഷത്തിൽ പറ്റില്ല എന്നറിയുമ്പോൾ അവനെ രക്ഷിക്കുവാൻ അവൻ്റെ പാരമ്പര്യ ജനിതക ഒന്നിലെ അവൻ്റെ ഏതോ ഒരു കൈകടത്തുമ്പോൾ കോശവിഭജനത്തിലൂടെ സൈറ്റോളിസിന്റെ അനന്തസാധ്യതകളിലൂടെ മൃത്യുവിലേക്ക് കോശ വ്യാപാരങ്ങൾ എത്തിക്കുവാൻ അവൻ സ്വയം തയ്യാറാകുന്നത് തന്നെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷിക്കുക സൂക്ഷ്മ ശരീരത്തിന്റെ വ്യാപാരത്തിലാണെന്ന് അവിടെ അവനെ രക്ഷപ്പെടുത്തുവാൻ വൈദ്യശാസ്ത്രത്തിനോ മറ്റുള്ളവയ്ക്കോ പറ്റില്ല നമ്പർ വൺ എൻ്റെ ജനിതകങ്ങളിൽ എൻ്റെ മുതുമുത്തച്ഛന്മാരുടെ ഓർമ്മകളായിരിക്കുന്നത് ഇതൊരാവൽ സന്ധിയാണ് മകനെ ഇവിടെ ആത്മഹത്യയേക്കാൾ സുഖകരമായൊരു മൃത്യുണ്ട് നിൻ്റെ കോശവിഭജനം ത്വരിതപ്പെടുത്തുക മുപ്പതാമത്തെ വയസ്സിൽ നിന്റെ മസ്തിഷ്ക കോശങ്ങളെ പരിണമിപ്പിച്ച് മുപ്പതിൽ ഒരു കാലത്തും ഇന്ത്യയിലെ ഒരു ആളിനും വരാത്തത് പാശ്ചാത്യ ജീവിത മാതൃകകൾ തുടർന്ന് നിന്റെ അമ്മയുടെയും അച്ഛന്റെയും മുമ്പിൽ പാശ്ചാത്യ ജീവിതത്തിന്റെ അനവധ്യ സുന്ദരമായ പാർക്കിൻസോണിസത്തെ നീ മുപ്പത് വയസ്സിൽ സ്വീകരിക്കുക പത്ത് കൊല്ലം ഒരു ഡോക്ടറും പറയില്ല നാൽപ്പതാമത്തെ വയസ്സിൽ കൈവറച്ചാലോ തലവറച്ചാലോ പാർക്കിൻസോണിസം തുടങ്ങിയത് കാരണം ആ പ്രായത്തിൽ വരുന്നതല്ല കൊറിയ ആ പ്രായത്തിൽ ഉണ്ടാകുന്നതല്ല വെൽസ് ഡിസീസ് ആ പ്രായത്തിൽ ഉണ്ടാകുന്നതല്ല സെയിന്റ് ആ പ്രായത്തിൽ എത്തുമ്പോ വരുന്നതല്ലോ ഇതെല്ലാം ഇന്ന് മുപ്പതിനു മുമ്പാ ഇതെല്ലാം ഇന്ന് മുപ്പതിനു മുമ്പാണ് മരുന്നുകൾ ഈ അകാല വാർദ്ധക്യത്തിന്റെ ഏഴയലത്ത് എത്തുന്നില്ല കോശങ്ങളെ അവ എന്താ നിങ്ങക്ക് കണ്ടില്ലേ ഞാൻ കാണുന്ന പോലെ കാണുന്നില്ലേ ചുറ്റുപാട് വിറയ്ക്കാൻ തുടങ്ങിയാൽ വിറ വെക്കുന്നുണ്ടോ അത് മനസ്സിലായില്ല വലിക്കാൻ തുടങ്ങിയാൽ വലി വെക്കുന്നുണ്ടോ അതൊക്കെ ഇരുന്ന് വലിച്ചവൻ നിന്നോട് വലിക്കാൻ തുടങ്ങി ഇപ്പൊ നിന്ന് വലിച്ചവൻ കവ്യം പിടിച്ച് വലിക്കാൻ തുടങ്ങി ശരിയല്ല ഒരു ടാബ്ലറ്റിൽ തുടങ്ങിയവൻ മുപ്പത് ടാബ്ലറ്റിൽ എടുത്തിട്ട് ഓരോക്കും ഇല്ല ഒരു ദിവസത്തിൽ രണ്ടു പ്രാവശ്യം പുകയടിച്ചവൻ രാവിലെ മുതൽ പുകയടിക്കുകയാണ് മനസ്സിലായില്ല ശരിയല്ല ഈ വ്യാപാരത്തിന്റെ ഒരു കടങ്കത പ്രകേളിക അർബുദവെന്റ് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച സൈക്കോളസിസ് പഠിച്ചാൽ മറ്റ് രോഗങ്ങളൊക്കെ അക്കൂട്ടത്തി പഠിച്ചുവാദുര സംസ്കൃതിയുടെ ആഴങ്ങളിലേക്ക് സമൂഹവും വ്യക്തിയും ഒരുപോലെ വധിക്കുമ്പോൾ സംസ്കൃതിജന്യമായ രോഗങ്ങൾക്ക് വൈദ്യവിദ്യാഭ്യാസം പരിഹാരമല്ല നിങ്ങൾ അത്ര മനസ്സിലാക്കുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ വസ്തുത ഇങ്ങനെയാണ് ഇവിടെയാണ് പാരമ്പര്യജന്യമായ ഈ പൂർവജൻ്റെ കിടന്നു പറയോ മനസ്സിലായത് ഏഹ് കാരണം ഇവനാത്തിരിപ്പം ദൈവം പറയും മക്കളെ നീ ഇപ്പോൾ ഇന്ത്യയിലല്ല ഇന്ത്യയിലല്ല എൻ്റെ അമ്മ ഇപ്പോൾ ജീവിക്കുന്നത് അമ്മ രാത്രി ദോശയും ചുറ്റും കൊണ്ട് ഉറക്കളത്തിരിക്കുക ഒന്നരക്ക് ചെറുക്കൻ ഭക്ഷണം കൊടുക്കാൻ കാരണം ചെറുക്കൻ എൻജിനീയറിങ്ങിന് കമ്പ്യൂട്ടറാണ് പഠിക്കുന്നത് കമ്പ്യൂട്ടർ അമേരിക്കയിലാണ് അമേരിക്കയിലിപ്പോൾ പകലാണ് ഇപ്പം നീ ഉണർന്നിരുന്നാൽ മതി ഞാനും ഉണർന്നിരിക്കാം ഞാനിവിടെ ഉണർന്നിരുന്ന് സീരിയലും കാണാം രാത്രി മുഴുവൻ നീ ഉണർന്നിരുന്ന് പഠിക്കുകയും ചെയ്യുക നിനക്ക് ഞാൻ അപ്പവും ചുറ്റുതരായിരിക്കും നേരം വിളിച്ചായി കഴിഞ്ഞാൽ നീ ഞാനിവിടെ കിടന്നുറങ്ങും കാരണം അമേരിക്കയിലെ ആളുകൾ ഉറങ്ങാണ് നമ്മളിപ്പോഴും ഇവിടെ ഉറങ്ങണം മനസ്സിലായില്ല അമേരിക്കയെ മുപ്പത് വയസ്സിലെത്തുന്ന രോഗം എല്ലാം നേരം ഇങ്ങോട്ട് എത്തും പറഞ്ഞാൽ മനസ്സിലാവൂ ഞാൻ പറഞ്ഞ തുണയാണ് ഏ കമ്പ്യൂട്ടർ എന്നൊരു കൊച്ചിനോട് പറഞ്ഞാൽ പിന്നെ അതിനെ രാത്രിയിൽ ഉറക്കാൻ പറ്റില്ല കുടികം കാരണം അതിന്റെ സ്വപ്ന ലോകത്തിലേക്ക് അമേരിക്ക പ്രത്യക്ഷപ്പെട്ടു വരും അമേരിക്കയിൽ നമുക്ക് പകലും രാത്രി ഉള്ളപ്പോഴല്ല ബാംഗ്ലൂര് ഇന്ന് നോക്കുക പറ്റൊരെണ്ണം രാത്രിയിൽ ഉറങ്ങിയല്ലോ വഴി കൂടെ തണ്ടുക ഫ്രീക്കുകൾ രാത്രി ഒന്നര മണിക്കാണ് തുറന്നോട്ടേടിക്കുന്നത് സൗരജീവിയാ മനുഷ്യൻ അവൻ ഭൗമജീവിയായി മാറുകയാണ് മൂങ്ങാ പോലെ ആഴ്ചയിൽ ഒരു ദിവസമാ കല്യാണം തുണി മാറുന്ന പോലെ ബാംഗ്ലൂര് മാറുന്നത് അവലംബം ഇന്നത്തെ പത്രം ശരിയല്ല അവലംബം ഇന്നത്തെ പത്രം വായിച്ചില്ല ഏ ഐ ടി മേഖലയിൽ വിവാഹമോചനം നിത്യസംഭവമാണ് ശരിയല്ല കാരണം ഐ ടി എന്ന് ചിന്തിക്കുമ്പോൾ അവൻ അമേരിക്കക്കാരനായി കഴിഞ്ഞു അവന്റെ ജനിതക കോശങ്ങൾ പരിണമിച്ചു കഴിഞ്ഞു അവന്റെ ദേശം മാറിക്കഴിഞ്ഞു അവൻ്റെ സ്വപ്ന ഇന്ത്യയല്ല അവന്റെ അച്ഛനമ്മമാർ അവൻ പദ്ധ്യരല്ല അങ്ങനെ ആകാനായി ഇവരിത്രയൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്നത് കാരണം നിത്യൂ വെളുപ്പ് സ്വപ്നം കണ്ട് കണ്ട് വെളുത്തില്ലെങ്കിലും വെളുത്തവൻ പെരുമാറുന്ന പോലെ മക്കൾ പെരുമാറി കണ്ടിട്ടെങ്കിലും ഒന്നിച്ചാകാൻ നിങ്ങൾക്ക് അറിയില്ല രണ്ട് ഒന്നാമത്തതാണ് ആദ്യം പറഞ്ഞത് ആ പൂർവജന സ്നേഹം ത്യാഗം കൃപ വാത്സല്യം എന്നിവയെല്ലാം അതാതിന്റെ നൈസർഗിക സ്വഭാവങ്ങളിൽ നിന്നു മാറി കച്ചവട സ്വഭാവം കൈവരിച്ച ശീലം മസ്തിഷ്കത്തിൽ തനിക്ക് ലഭിക്കുന്ന യഥാർത്ഥമായ സ്നേഹത്തെയും വാത്സല്യത്തെയും പോലും അതാതിക തലങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയാതെ കോശ വിഭജനത്തിലും കോശവർദ്ധനവിലും എല്ലാം സ്വച്ഛന്തമായ മന്ദരുചടന്നു വന്ന ദുഃഖം മന്ദരുചം മഹാന്തം ഏകോ രോഗ രുചാകാരണ കരണ സാമാന്യ പുനർവസ്ത്രയെ കോശത്തിനും മസ്തിഷ്ക അത് തിരിച്ചറിയും തീയല് തിരിച്ചറിയുന്നത് വിരലിന്റെ മസ്തിഷ്കം കൊണ്ടാണ് കാണാതോ മനസ്സിലായില്ല അല്ല കണ്ടുകൊണ്ട് കാണണ്ടതീ ത്വക്കിനും മസ്തിഷ്കം പ്രവർത്തിക്കും ഈ പടം നോക്കുന്ന അപൂർണമാണ് വണ്ടി വളരെ പൂർണമാണ് അതുകൊണ്ട് അവർക്ക് ഒട്ടേറെ കർമ്മങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഇന്ന് പറ്റുകയില്ല ഇന്ന് വിദ്യാഭ്യാസമേ കൂടിയുള്ളൂ ഒരമ്മ കുഞ്ഞിനെ മുലയൂട്ടുകയും പാല് തിളപ്പിക്കുകയും ഇഷ്ടുവിനെ അലിയുകയും ചപ്പാത്തി ഉണ്ടാക്കുകയും ഒക്കെ ഒരുമിച്ച് ചെയ്ത കാലങ്ങളിൽ അതിഥിയെയും വീട്ടിലുള്ള അംഗങ്ങളെയും കുട്ടികളെയും പണിയെടുക്കാനുള്ള പണിക്കാരെയും ഒക്കെ ഈ ഒന്നോ രണ്ടോ സ്ത്രീകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മുഴുവൻ ആഹാരവും വെച്ച് പരിചരിക്കുകയും ഐലോക്കാരുടെ കാര്യങ്ങളിൽ എല്ലാം ഇടപെടുകയും വീട്ടുകാര്യങ്ങളിൽ മുഴുവൻ പദസ്ഥരായിരുന്നു കൊണ്ട് ഭർത്താവിനെ നയിക്കുകയും കൊടുക്കവാങ്ങലുകളുടെ എല്ലാം അന്തരാളങ്ങളിൽ കൃത്യമായ കണക്കുകൾ മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുകയും എല്ലാം ചെയ്തിരുന്നത് മനസ്സിലായില്ല മനസ്സിലായില്ല അന്ന് സ്ത്രീ അസ്വതന്ത്രയാണെന്ന് പറഞ്ഞ ഇന്നീ വാണിജ്യ വായു തുക മുന്നോട്ടിറങ്ങാൻ തുടങ്ങിയത് ഇറങ്ങിയതല്ലാതെ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല മനസിലായില്ലേ ഭർത്താക്കന്മാരും പിടുക്കന്മാരായതുകൊണ്ട് അവരവരുടെ ആരോഗ്യത്തെ ഗരിക്കും കരുതി പുതിയ ഭർത്താക്കന്മാരെന്ത് ചെയ്തു വെച്ചാൽ അവരെ മുമ്പിൽ നടത്തി കൊച്ചിനെ ഉയർത്തി എടുത്ത് പുറകാനിടണം അതുകൊണ്ട് അവരെ കണ്ടാൽ ചെറുപ്പമായി നാലു വയസ്സ് ഇളതായ വെള്ളം പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ വാർത്തയ്ക്കുമായി ആളുകളൊക്കെ കണ്ടാൽ ചോദിക്കും അമ്മയായിരിക്കില്ലേ പിന്നെ ഇവിടെയുള്ള യാത്രയുണ്ടാവും പണ്ട് തിരിച്ചായിരം വെച്ചിരുന്നു പണ്ട് കാര്യം ഭർത്താവ് കൂടെ പോയാൽ ചോദിക്കും അച്ഛനായിരിക്കില്ലേ അയത് വലിയ ലജ്ജൊന്നുമില്ല ആ ഏത് പറയുന്ന കാരണം ഈ വാർദ്ധക്യം നേരത്തെ വന്നത് കർമ്മരാശികളിൽ നിന്നാണ് ഓർമ്മയില്ല കർമ്മത്തിന്റെ തീഷ്ണത മുഴുവൻ ഏറ്റെടുക്കുന്ന മസ്തിഷ്കമാണ് സുഖസന്ദായകമല്ലാത്ത ഒരു മാനസിക പ്രക്രിയയിൽ ഒട്ടേറെ അന്തത്യന്ധികളെ പ്രവർത്തിപ്പിക്കും കണ്ടകോളകങ്ങളെയും മറ്റും അവയും സൈറ്റോളജിസ്റ്റിൽ നിർണായക പങ്കു വഹിക്കുന്നതാണ്ടോളം കണ്ടോളം അത് പ്രത്യേകിച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതൊന്നുകിൽ തീരെ കുറയും അല്ലെങ്കിൽ അത് വളരെ കൂടുതൽ നല്ല ഏത് സ്ത്രീയെ ഏത് കാര്യത്തിന് ആശുപത്രിയിലേക്ക് കയറ്റി ഫിസിഷ്യൻ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് തൈറോയിഡ് ആണെങ്കിൽ അത് അസംഗത വരികയും നൂറ് ശതമാനം അസംഘത വരികയും കൂടുതൽ ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന് തോന്നുന്നു ഈ കാലത്ത് വളരെ നന്നായ് ഗുണം വാർദ്ധക്യം നേരത്തെ വരാൻ തുടങ്ങും ഫ്രിജിഡിറ്റി നേരത്തെ വരാൻ തുടങ്ങും വെറുപ്പ് നേരത്തെ വരാൻ തുടങ്ങും ജീവിത വിരസ്ഥത വളരെയേറെ വ്യാപിക്കും തൊണ്ണൂറ് ശതമാനം ഈ കാലഘട്ടത്തിലെ സ്ത്രീകളും ഏത് പ്രായത്തിലെത്തിയാലും ഒരു മുപ്പത് കഴിഞ്ഞങ്ങോട്ട് പ്രായം കൂടും തോന്നും ഭർത്താവ് സ്വന്തം മകളോട് വർത്തമാനം പറയുന്നതിൽ വരെ അസ്വസ്ഥരാകും ഈ അന്തഃസന്ധികളുടെ പ്രവർത്തനമാണ് അല്ലാതെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് വഴക്കിലും ഇറങ്ങി ആത്മഹത്യയിലും ഒക്കെ കലാശിക്കും അന്തസന്ധികളുടെ പ്രവർത്തനം ഇത്ര അപകടകരമാണ് കാലഘട്ടത്തിൽ ആധ്യാത്മിക രംഗങ്ങളിൽ പോലും ആശ്രമങ്ങളിൽ പോലും രണ്ടും മൂന്നും സന്യാസിനിമാരോ നാലോ അഞ്ചോ ശിഷ്യകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരാളോടാണ് സ്നേഹം മറ്റൊരാളിനോട് സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ വരെ ആത്മഹത്യ എത്തുന്ന കാലമായിട്ട് പണ്ട് കണ്ടഗോളകങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അറിഞ്ഞാണ് പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഒക്കെ ജീവിച്ചു കൊണ്ടിരുന്നത് ഇത് വാർദ്ധക്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു എന്നത് വളരെ നിർണായകമാണ് സൈറ്റോളിസിൽ ന്യൂറോണുകളുടെ പ്രവർത്തനം വളരെ ശക്തമാണ് ഇതൊന്നും ആദ്യം മനസ്സിലാക്കാതെ എപ്പോഴെങ്കിലും രോഗമുണ്ടായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഓടി പോയി ഉള്ള മരുന്നെല്ലാം കഴിക്കുന്നതിന് മുമ്പ് അല്പമേരം ഒരിടത്തിരുന്ന് തൻ്റെ മനസ്സിനെ ഒന്ന് നോക്കി ഈ മനസ്സിന്റെ വൈകൃതങ്ങളും വൈകല്യങ്ങളും ഒന്ന് അഴിച്ചുപറിച്ച് ആ ഉരുക്കൂരി ദൂരെ കളഞ്ഞ് തൻ്റെ ഇടമായി തിരിച്ചു പോകാൻ ജീവിതത്തിലേക്ക് തയ്യാറാകുമെങ്കിൽ കോശ വിഭജന അവിടെ കിട്ടും അത്രയേ ഉള്ളൂ മനസ്സിലായില്ല ഏർ അതുകൊണ്ട് ഞാൻ ആദ്യം പഠിപ്പിച്ചോ വളരെ ആഴത്തിൽ പഠിക്കണോ വെറുതെ ഒന്ന് ഉപരിപ്ലവമായിട്ട് പ്രൈഭാഷയിൽ പഠിക്കണോന്ന് ചോദിച്ചത് ഇതിന്റെ എല്ലാ തജ്ഞങ്ങളൊന്നും അത് വളരെ വളരെ വിസ്തൃതമാണ് അതുകൊണ്ട് കോശവർദ്ധനവിന്റെ സ്വച്ഛന്തമായ മന്ദരുചം താൻ തന്നെ ഉണ്ടാക്കി വെച്ച ഈടാകൂടത്തെ അന്യരോട് തെറ്റിദ്ധരിപ്പിക്കുകയും അത് വളരെ രസകരമാണ് ഞാൻ നിങ്ങളൊക്കെ നോക്കിയാൽ കാണാം ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏഴാകൂടം അഭിമാനം കൊണ്ട് അത് വെട്ടുകഴിഞ്ഞ് പിന്നെ അതിനെ മാറ്റി ആളുകളെ ധരിപ്പിക്കുവാനുള്ള വെമ്പൻ തൻ്റെ കർമ്മപദ്ധതികളും ഫലങ്ങളും തൻ്റെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും എന്ന് വിചാരിച്ചവ തന്നെ അപജയത്തിന്റെ സ്വപാനത്തിലേക്ക് എത്തിച്ചു എന്ന് തിരിച്ചറിയുന്നൊരു മുഹൂർത്തത്തിൽ അതിനു പകരം മഞ്ഞരെ ധരിപ്പിക്കാവുന്ന സൂത്രപ്പണികളെയും കണ്ടുപിടിച്ച് അന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരറിയാതെ ഈ ശരീരത്തെ ധരിച്ച് തൻ്റെ വ്യാപക പ്രകൃതിയായ യോഗ ശരീരത്തിന് യശോ ശരീരത്തിന് എനിക്കൊരു കീർത്തി ശരീരമുണ്ട് മനുഷ്യനെ ഏറ്റവും സൂക്ഷിക്കുന്ന ശരീരം അവന്റെ ശരീരമാണ് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് വേരുദോഷം വന്നൊരു ആത്മഹത്യ ചെയ്ത് വേരുദോഷം വരാതെ വല്ലതും വന്നെ ശരിയല്ല ഇപ്പൊ മനസിലായി സംഗതി വെള്ളം മുമ്പാ ഈ ബോക്കിൽ അങ് വണ്ടി ഇടിച്ചിരുന്നെങ്കിൽ വലിയ ഇൻഷുറൻസൊക്കെ എടുത്തിട്ട് വണ്ടിയെ കേറപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇടിച്ച് നമ്മളങ് പോയാ മതി ചില നേരത്ത് ഉടനെ ബഡ്ജറ്റ് പറ്റിക്കും ഇവൻ വിചാരിച്ച പോലെ വേറെ കുറെ പേര് പോകും ഇവൻ പോകാതെ കിടക്കുമ്പോ ഉത്തരവും കാത്തുള്ള കിടപ്പ് പോലുള്ള കിടപ്പ് ശരിയല്ലേ കണ്ടിട്ടില്ലേ ഇത് ഇങ്ങനെയുള്ളതെല്ലാം ഒരു അതെ തീർത്തേക്കാം ആ ഒരെണ്ണം അപ്പൊ തൻ്റെ സർവധ്യാപകമായ പ്രകൃതിയായ യശോ ശരീരത്തിന് കേടുപറ്റാതെ ദൃഷ്ടനഷ്ടമായ ഈ സ്ഥൂല ശരീരത്തെ വലിച്ചെറിയുന്നതിനുള്ള ത്വര അതും ഇതിനെ എത്തിക്കുന്നത് കോശവിശ്ലേഷണത്തിലേക്കാണ് ഇത് രണ്ടാമത്തെ പ്രകൃതിയാണ് മൂന്ന് അല്ല നാല് ജീവിതകാലം മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിച്ച് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് അവിടെ നിന്നെല്ലാം വെറുപ്പും വിദ്വേഷവും ലഭിക്കുന്നത് സഹായ സഹിക്കാനാവാതാകുമ്പോൾ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തോണമേ എന്ന് വേളയിൽ മനസ്സിലായില്ല അപ്പോഴും ഈ കോശവിശ്ലേഷണം തന്നെ അടക്കത്തുള്ളൂ സ്വേച്ഛക്കു പ്രസക്തിയില്ലാത്ത പൂർവകർമ്മങ്ങളുടെ പിടിയിൽ കോശങ്ങളുടെ പ്രവർത്തനം ബീജ ബീജഭാഗം അവയവം ഇവയുടെ പ്രവർത്തനം എല്ലാം ചേർന്ന കോശവിശ്ലേഷണം ഇവനെ അകാലമായൊരു വാർദ്ധകൃത്തിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ എല്ലാം അർബുദം സംജാതമാകുന്നു ഇത് വളരെ വിസ്തൃതമാണ് ഇതിൻ്റെ തലങ്ങളിൽ നിന്ന് മോചനം വരുന്നത് ഔഷധത്തെക്കാൾ ഏറെ പാവകരമല്ല മനസ്സിലാണ് ഇത് വളരെ മനസ്സിലാക്കുമ്പോഴാണ് ഇൻവിട്രോ സ്റ്റഡി പ്രത്യേകം പ്രസ്താവയോഗ്യമാകും ഇനി ഇൻ വൈവോ കോശ ശിഥിലീകരണം ജൈവ കോശ ശിഥിലീകരണം അത് ഇൻ വൈവോയില് സൈറ്റോളിസ് ഇൻ വൈവോടുത്താണാം നല്ല ഇഷ്ടമാണെങ്കിലേ പഠിച്ചെടുക്കാവും കാരണം പഠനം വളരെ വിസ്തൃതമാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ അടുത്ത ക്ലാസ്സിലെടുക്കാം ഇന്നവസാനം നാരായണം നമസ്കൃത്യ നരം ശൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യസന്തോ ജയമുതിരേ ഹരി ഓം ഹരി